दुबाई का खान नागरचना कथापात्र शब्द नल्ग पुष्पा, सूसन जोण मुरली मनोहर प्रसाद एम अब्दुल्ला ननमंडा, सई तलु अब्दुला खान काविल। दुबाई का खाना നിങ്ങൾ എന്തിനാണ് മനുഷ്യ എങ്ങനെ ഈ അട്ടം പൊട്ടിച്ചു വിചാരം കൂട്ടുന്നത് വിളി കേട്ടതൊക്കെ ഞാനല്ലോ നിങ്ങൾക്ക് ചേട് കേദ്യം ഈ ഒച്ചയും പിളിയൊക്കെ അങ്ങോട്ട് നിർത്തി എന്നാലേ മനുഷ്യൻ പറയുന്നത് നിങ്ങൾ കേക്കുള്ളൂ അതൊക്കെ അങ്ങോട്ട് ഓപ്പളാ ഓപ്പാക്കും നിൽക്കുമത്തേ എനിക്കറിയോന്ന് ഈ ഇസ്കാരത്തൊക്കെ ഇന്നലെ ഇവിടെ കൊണ്ടുവന്നിട്ടല്ലേ ഉള്ളൂ അയിന് അത്ര വലിയ പണിയൊന്നും ഇല്ല ഏഹ് ആ ടൈപ്പറിക്കാടിന്റെ ഭരത്തെ സൈഡിലെ വലിയ ചക്രം തായോട്ടങ് തിരിച്ചുടുക്കരം തെറ്റിയാ തിരിച്ചത് ഇപ്പൊ തിരിച്ചു ഒച്ച കൂടുന്ന ചക്ര തായത്തെ അച്ചീറിലേക്ക് ഒരു വല്യ മയവയെ തോർന്ന മാതിരി ആ അയിന് ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ എന്തിനാ മൂന്ന് പെട്ടി ഒന്നായിട്ട് ഇതാക്കി വെക്കുന്നേ ഒരു ടൈപ്പ് റിക്കാഡൊക്കെ ഇക്കാലത്ത് ഏത് പുരയിലുണ്ടാവാൻ പാത്തുമ അപ്പൊ ഒരു ദുബായ്ക്കാരന്റെ പുരാവുമ്പോൾ ചുരുങ്ങിയത് ഒരു മൂന്നെണ്ണെങ്കിലും ഇല്ലാഞ്ഞാൽ അതൊരു അസമാന അല്ലേ എന്തെങ്കിലും അങ്ങാട്ടാ കൂടി ആ അത് പോട്ടെ നിങ്ങൾ എന്തിനാ വിളിച്ചത് ഇന്നലെ ദുബായിന്ന് പോത്ര വെട്ടിയാ കൊണ്ടുപോകുന്നത് അയൽത്ര തുറന്ന് അയലെ സമാനം കൊണ്ട് തന്നെ ആകോട്ടെന്ന് അറിഞ്ഞല്ലേ അപ്പം ബാക്കിയുള്ള നാല് വെട്ടിയും കൂടി തുറന്നാലുള്ള സാധനം ഇവിടെ അട്ടിക്കിടും അതാപ്പം ഞമ്മളും ആലോചിക്കുന്നു നമുക്കൊരു കാര്യം ചെയ്താൽ ആ പാണ്ട്യാലക്കാരെ കുതാമോയിന് കിടക്കാൻ തോന്നുന്നു ഏ അത് ബലക്ക് വാങ്ങിയാൽ അതങ്ങനാക്കാം നിക്കേ നിങ്ങളിപ്പോ വിളിച്ചത് എന്തിനാന്ന് പറയാ ഇത്ര നേരോ അകത്ത് കണ്ണാടിന്റെ മുമ്പിൽ കുത്തിരിഞ്ഞ് മേക്കോപ്പ് ഇട്ട് പുറത്തേക്ക് അങ്ങാട്ടിറങ്ങി അതെന്ത് കുന്തിരിക്കാത്തോപ്പ് അതോ ഓബായിക്കാരനായ ചിതിക്ക് ഓൻ ഇമ്മളെ നാട്ടുകാർ നടക്കുമ്പോൾ ഒന്നും നടന്നാ പോരോല്ലോ തലകുത്തി നടക്ക അതല്ലാന്ന് നിങ്ങൾ ഈ അറബേള കണ്ടിട്ടില്ലേ ആ ഓനു അറബേള മാതിരി നീളക്കുപ്പായോട്ട് തലേലങ്കിയെല്ലാം കേട്ടി നടക്കണമല്ലോ നല്ല കണ്ണെ ആ തമിശ എന്തോന്ന് വല്യ ഫൗറ് തന്ന ആ നിങ്ങൾ ഇനിയും വിളിച്ച കാര്യം പറഞ്ഞില്ല കേക്ക് ആ ഇന്ന് മോദിക്കല്ലേ പോലെ വരാന്ന് പറഞ്ഞു നിങ്ങൾ എന്തിന്നി തലയും പാലും ഇല്ലാണ്ട് ഇങ്ങനെ ഭർത്താനം പറയുന്നത് ആര് വരുന്ന കാര്യം ഞങ്ങൾ ഈ പറയുന്നത് ആ ഓല് വരാന്ന് പറഞ്ഞിരുന്നു ആ അപ്പൊ ഓര്ക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഒജീനവും കാര്യവും വേണ്ട ആ ചെക്കനില്ലാറോ ആ ഓനൊന്നങ്ങാട്ട് വിളിക്കും ഓനൊന്നങ്ങാടി പറഞ്ഞ അയിനിപ്പ എന്തിനാ അങ്ങാടി പോന്ന് ഒരു പത്ത് നൂറാൾക്ക് ഉള്ള ഒജീന ഒരുക്കാനുള്ള സാധനം ഒക്കെ നിനക്ക് ഒരു വിവരവുമില്ല ബുദ്ധുസേ ഈ സാധാരണ ആൾക്കാർക്ക് കൊടുക്കുന്ന തീറ്റ സാധനം കൊടുത്താ മതി നമ്മള് ഏഹ് ദുബായിക്കാറല്ലേ ആ നീ ചെക്കൻ വിളിക്കാനെ ോ ഞമ്മളില്ലേ മുപ്പത് കൊണ്ട് മുമ്പിലേനി അതിൽ ഒത്തി ഒരു മൊഞ്ചത്തി പെണ്ന്ന് പാതിണ് പിന്നെ ഓളി തുള്ളണ് പിന്നെ കളിക്കണ് അപ്പൊ താലം വന്നിട്ട് ഓളെ കഴുത്തിൽ ഇങ്ങനെ പിടിക്കണ് താത്ത എന്നിട്ട് താടിയമ്മിൽ ഇങ്ങനെ ഉയ്യണ് പിന്നെ താത്ത ിസ നിർത്തു കിസ നിർത്ത് ടെലിവിഷത്തില് സിനിമ കളി കണ്ട ഹരാണ് ഏഹ് ആ അഞ്ചു പെണ്ണും കല്ലാസ് എടുത്തത് ഞാന് പറയുന്നില്ല പെണ്ണും കല്ലാസൊക്കെ എത്തു ആക്കാ പഞ്ഞോണി ഞമ്മളെയില്ല അയിമ്പത് ദീർഘത്തിന് നൂഡിൽസ് ആ പറഞ്ഞത് എന്തെന്നാ ദീർഘോ അതെന്തെന്ന സാധനം ഇന്ന് വെച്ചാല് ദുബായിലെ പൈസ ആണ് ഉറപ്പിയുണ്ടല്ലോ അതിന്റെ പത്തരത്തി ഉണ്ടാവും സാധനം അപ്പൊ താത്ത അയ്യമ്പത് ദീർഘത്തിന് നൂഡിൽസ് പറഞ്ഞത് എനിക്ക് തിരിഞ്ഞില്ല ആ നൂഡിൽസ് പറഞ്ഞരാ കഴിഞ്ഞ പ്രാവശ്യമോ മജീദ് വന്നപ്പോ ഇന്ന് ഒരു വലിയ ഹോട്ടൽ കൊണ്ടുപോയി നക്ഷത്ര ഹോട്ടല് ചായ കുടിക്കാൻ കുത്തിരിക്കുമ്പോൾ കാണാ കിരീടം വെച്ച ഒരു രാജാവിങ്ങാട്ട് വരുന്നു കയ്യിൽ ഒരു കാരുങ്ങാട്ട് തരുന്നു കാർഡില് മുന്തിയ മുന്തിയ തീറ്റ് സാധനങ്ങളുടെ പേര് വിവരങ്ങളാണ് ആ കാർഡ് കണ്ട പേരാണ് ഞാനിപ്പം ഇനി ഇരുപത്തഞ്ച് ദീർഘത്തിന് ഗുളി സൈ അതും തിരിഞ്ഞില്ലല്ലേ എന്ന് വെച്ചാല് അത് ഈ കോഴിമുട്ടനെ കൊണ്ടുള്ള ഒരു ഇക്കുമത്ത് പണിയാണ് മുട്ട ശരിക്കാൻ നാട്ടിൽ പോവുകയും ചെയ്യരുത് എന്നാ വേവുകയും വേണം ഒരായ അത് ഞാൻ ഇവിടെ പറഞ്ഞു ആ പിന്നെ ഫ്രൈഡ് റൈസ് മുപ്പത് ദീർഘ് ഇപ്പൊ മതി അടുത്തല്ല ഇക്കോലത്തിലി ദുബായ് പുര അങ്ങാടി പോന്നെ ഇതിനിപ്പോ എന്താന്ന് മോശം ഉമർ ഖത്താബിന്റെ കാലത്തുള്ള കയ്യില് കൊടുത്തോണ്ടാന്നല്ലോ പാത്തുമ ആ മജീദിന്റെ പയെ കൂട്ടേസറല്ലേ അതൊന്ന് അവനെടുത്തുകൊടു ഒരു കൈനീളം കുപ്പായം കൊടുക്കും അതിനുപ്പായത്തിന്റെ അറ്റോ ഈ ഫാൻഡിന്റെ ഉള്ളിലാക്കിയിട്ട് നല്ല ഫൗറ് പോണോ അത്രയും പറ്റും എന്തിനാണ് മനിക്കൊണ്ട് കോലം കെട്ടിട്ട് ഏകദേശം സാമാനം വാങ്ങാൻ വരുന്നത് ദുബായ്ക്കാരന്റെ പുരേന്നാന്ന് അങ്ങാടിക്കാർക്ക് മുയ്മനാബൻ ഇവിടുന്ന് ഇറങ്ങിയ മണത്തിറിയണം ആ വയ്ക്കേ ഇനി പോ തട്ടാസാമിക്കുട്ടിനോടൊന്നും വരാൻ അതെന്തിനാന്ന് ഇവിടെന്തോ പൊന്നിന്റെ പണിണ്ടാ നമ്മക്ക് ആ തോലക്കന്റെ വപ്പും ചുറ്റും ഒന്ന് പൊന്ന് കെട്ടിച്ചല്ലേ മാണോങ്കര അമ്മിക്കുട്ടി ആ ആവീരാന ചെല്ലും എന്താണ് ഞങ്ങൾ മനുഷ്യൻ ഇങ്ങനെ സ്വയിപ്പാക്കുകയാണ് പോകാനും സമ്മതിക്കൂല പോകാതിരിക്കാനും സമ്മതിക്കൂല ഇനിയിപ്പോ എന്താ വേണ്ടത് ഇനി അങ്ങനാണോ ഈ സാധനം എല്ലാം കൊണ്ടുവരാ ഇപ്പൊ ചാമാണിപ്പോ നമ്മൾ അത് വേണ്ട അത് വേണ്ടാക്സി അല്ലാന്ന് നിങ്ങക്ക് എന്തായി പോയിന്ന് പെരാന്ത് മുറുകിയോ ദുബായി പെരാന്ത് മുറുകിട്ടില്ല മുറുകും ഈ ചേലുക്ക് തന്ന മജീദ് കഴുത്ത കൊല്ലവും ദുബായിന്ന് വരുന്നെങ്കിൽ മുറുകും താമസവും ഇല്ലോയെ നമ്മൾ എനിക്കുണ്ടോന്ന അതില് വർത്താനം പറഞ്ഞിട്ട് സീലോ ഇന്നലെ പിറ്റ് ചെയ്തിട്ടല്ലേ ഉള്ളൂ നോക്ക് ഹലോ ഹലോ ഇനി പോണിച്ച് അങ്ങനെ പിടിച്ചാൽ ഒച്ച വായലേക്കാടിലേക്കാടിക്കാനല്ലേ ഹലോ പാത്തുമ്മോ ഇനി ഞാനൊരു കഴിഞ്ഞു ഹലോ ഞാനാ അഗോക്കരാജ അഗോക്കരാജീന്ന് ചേട്ട് കേക്കില്ലെ നിങ്ങൾ ഒറ്റക്കൊച്ചക്ക് വർത്താനം പറയും കേക്കു ഞാ ആ ഇംഗ്ലീസ് ആ ഇംഗ്ലീസ് അറിയൂ പവർ സൺ പിന്നെ ആരാ സജന എന്താ ഹലോ ഹലോ ആ ബാപ്പാ ഞാനകത്ത് ചായ പൂട്ടി വെച്ചിട്ടുണ്ട് അതും പോയി കുടിച്ചോളൂ തണുത്തു പോവും ആ അത് ശരിയാ എന്തെങ്കിലും സലിമിന്റെ കണ്ണാണ് കരളാണ് പിന്നെ പൂവിന്റെ നിറം ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ പൂവിന്റെ പേര് സ്നേഹത്തിന്റെ അല്ല ബാപ്പ ഫോണെടുത്തപ്പോ എന്തു പറഞ്ഞു ഹലോ ഹലോ അയ്യോക്കുന്നു കഴിഞ്ഞ് വിളിച്ചോളൂ ആരായി മോളെ ദുബായി മജീദ് ഖാനെ വിളിച്ചതാ വിളിക്കും വിളിക്കും ആ അതാണ് ഓൻറെ ഒരു പവർ അല്ലാന്ന് നിങ്ങൾ അത് നോക്കി ആരോ ഒന്നായിട്ട് വരുന്നുണ്ടല്ല ആരാക്കെന്താ കണ്ണ് കാണില്ലേ അതും പുറമൊക്കെ കുഞ്ഞമ്മതല്ലേ മജീദിന് പെണ്ണാലോചനയ്ക്ക് വരിക ഏഹ് അവ ഒരു കാര്യം ചെയ്യേ അകത്തില്ല ദുബായി സാമാനൊക്കെ എടുത്ത് പുറത്തെടു ലേഡിയും ടേപ്പറി കാടും ആ കൊടയും ഞെക്കുമ്പോൾ മണക്കണ കുപ്പിയും പോട്ട് എടുക്കണേ അടിസ്ഥാനത്തു ആ മിന്നിണ സാരിയും ലംഘുന്ന പദപ്പും വേഗം വേഗം അച്ഛങ്ങായി പടി കയറി പിന്നെ ഒരു കാര്യം ചെയ്യും ആ പോറയും കൂടെ നിലത്ത് വെക്കണ്ട ഏഹ് നാലെണ്ണങ്ങാട്ട് നിർത്തി വെച്ചേടാ ടച്ചോനെ ഈ മനുഷ്യന്റെ തലേന്റെ പിരി ഇളകിന്നാ തോന്നത് നിങ്ങൾ എന്തിനാന്ന് ഇങ്ങനെ ജഗബോ കൂട്ടുന്നത് അത്ത്മാ നനക്ക് വേറൊല്ല ഏഹ് സിരിതനായിട്ട് അയിമ്പതിനായിരം ഓം തരാന്ന് വിചാരിച്ചാല് ഈ ജഗപോ കണ്ടാല് ലെച്ചാവും കൈയിലെ ഞാൻ പറഞ്ഞു ഞങ്ങളും കൂടി ഇങ്ങോട്ട് വരി സഹായിക്കാൻ വെച്ചാലേ നോക്കുന്ന ഇത് ഞമ്മക്കൊറ്റയ്ക്ക് പോകുമ്പോൾ ഒന്നും അത് എടുക്കണ്ട അങ്ങനെ കണ്ട വലിയ വലിയ ചില സാധനങ്ങൾ അടുത്തുണ്ട് മൂപ്പരായിട്ടുള്ള ഭർത്താണത്തിലുമൊക്കെ പെരുത്താം പാടുന്ന പെട്ടിയൊക്കെ നിൽക്ക് വാക്കും എനിക്ക് തിരിഞ്ഞില്ല ആചാര് വെച്ചാ കുത്തിരിക്കുന്നത് ദുബായി വാഷണം ആയിക്കോട്ടെ ഇതെന്താ ആചാര്യ ഈ പെട്ടി രണ്ടെണ്ണിങ്ങനെ പാടിക്കുന്നത് രണ്ടല്ല ഒന്നുകൂടെ ഉണ്ട് ഒന്നുകൂടെയുണ്ട് പാത്തമാ മറ്റേ ഞെക്ക് ആ ഞെക്ക് എന്റെ പൊന്ന അതിവേ എന്തോ ഒരു ലക്ഷ്യവും വെടിയ ഒന്ന് വീർത്തി ഇങ്ങനെ നിങ്ങൾ പറയണത് ഞാനും കേൾക്കുന്നില്ല ഞാൻ പറയണത് നിങ്ങളും കേൾക്കുന്നില്ല ആ കുഴപ്പമില്ല കുഴപ്പമില്ല ആട്ടെ ഞാൻ വരുമ്പോഴേ നിങ്ങളും വീടിനെയും കൂടി എന്തേലും ഒരു വലിയ വർത്താനം അത് ഞങ്ങൾ രണ്ടാന വാങ്ങുന്ന കാര്യം പറഞ്ഞതാ ആനന വാങ്ങേ അല്ല ആചാര് എന്തിനാ ആന ആന എന്തിനാണെന്ന് ചോദിച്ചാല് വെറുതെ ഈ മുറ്റത്ത് തളച്ചിടുക എന്നാ പിന്നെ നിങ്ങൾക്കൊരു ലോറിയോ മറ്റേ വാങ്ങരുതോ ോറിയൊക്കെ ആരിക്കും വാങ്ങാം മാത്രല്ല ഇക്കാര്യത്തില് എനിക്കൊരു പ്രത്യേക ബാസിയുണ്ട് നമ്മളെ ബാപ്പാന്റെ ബാപ്പക്ക് കൊയിലോ താനക്ക് ചോറ് കൊടുക്കലായി പണി അന്ന് മൂപ്പര് വിചാരിച്ചിട്ടുണ്ടാവും ഞമ്മക്ക് സ്വന്തമായിട്ട് ഒരന ഉണ്ടെങ്കിലതിനോന്ന് ഇപ്പൊ മോൻ ദുബായി പോയ സ്ഥിരിക്കി മറ്റേ അപ്പാന്റെ ആപ്പ അയേ മുറാതെ അങ്ങാട്ട് പാസിലായിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാലും ഈ ലോറിയാവുമ്പോ വേറൊരു കൊണേണ്ടി എന്താ അതിന്റെ മേലെങ്ങനെ അബോക്രാജി ആൻഡ് സണുസ് ട്രാൻസ്പോർട്ട് എഴുതിയിട്ട് ഈ ഭൂമി ദുര്യാവിൽ അങ്ങനെ അങ്ങോട്ട് എങ്ങനെ കറങ്ങുങ്ങളെ പേരൊക്കെ എങ്ങനെ കവ കവ കൊള്ളിക്കുരത് അതിനെന്താ കുഞ്ഞമ്മതേ ആനന്ദ കറുത്ത തലമല് വെളുത്ത പെയിന്റ് കൊണ്ട് ചെയ്താലോ ആൻഡ് സൺസ് ഗാന സർവീസ് കൊയ്ക്കി കൊടുക്കുന്നു ആയിക്കോട്ടെ ആയിക്കോട്ടെ ഭർത്താവിനടുക്ക് അത് മറന്ന് ചായ കുടിച്ചില്ലല്ലോ വത്തുമായ വേണ്ട മറ്റേ ചായ മതി കുളിയ ചായ അതെന്ത് ചായാണ് ചെറിയ കുളിയെ ചായ അത് മജീദ് ദുബായിന്ന് കൊണ്ടുപോകുന്ന എങ്ങനെയാ എന്റെ പണിത്തരം അതോ അത് നമ്മള് വെറുതെ ഇങ്ങനെ വെള്ളം ചൂടാക്കിയാ മതി പാലും വേണ്ട പഞ്ചാരയും വേണ്ട ചായപ്പൊടിയും വേണ്ട ചൂട് വെള്ളത്തില് കുളിയ അങ്ങാട്ടിട്ടാല് ചായ എന്തോ ഒരു പേരുണ്ടായതിനുള്ള റബ്ബായും എന്തായത് ആ ഇനുസന്റ് ഇതാ കുളികയും വെള്ളോ കൂട്ടിക്കോളി ോക്ക് ഇതാ കണ്ടില്ലേ ഇതാണ് ഞാൻ ചൂട് വെള്ളത്തിൽ ഇതങ്ങനെ അങ്ങാട്ടിടുമ്പോ നിറച്ച് നിറച്ച് പൊന്തി ചായ ആ നിറം കണ്ടിട്ടേ ഒരു പൊടി കുറച്ച് കൂടി വന്ന് സംംശം ആ കുഴപ്പമില്ലേ കുഴപ്പമില്ലേ ആ കുടിക്ക് മാറിന്നാ തോന്നു എവിടുന്നാ കുടിയെടുത്തത് പെട്ടീൻ്റെ ചെറിയ ആൾക്കാർ സാറില്ല സാറില്ല പടച്ചോനെ അത് ഓ സൂസ് ഗോളീസ് അടിച്ചാൻ കലക്കുന്ന കുടിയാണ് ബുദ്ധൂസേ കൊഴപ്പില്ല എന്നാലും ഞമ്മക്ക് തന്നെ തന്ന് ഏ ഇനി ഇങ്ങനെ നിങ്ങൾ ആരും ഈ കുഴിയ ചായ കൊടുക്കല്ലേ ഉമ്മതന്ന മുലപ്പാലങ്ങനെയപ്പോ ചർദ്ദിച്ചു പിന്നെ വന്ന കാര്യം പറഞ്ഞില്ല അത് പറയാ അല്ല ഒരു വർത്താനം കേട്ടല്ലോ എന്താ ഈ നിരത്ത് പക്കത്ത് ആ പൂജയെ പെരയും പറയുമ്പോ നിങ്ങൾ വിലക്കെടുക്കണത് ഞാനിപ്പോ അതല്ല ആലോചിക്കുന്നത് കൊയ്ക്കോട് ടൗൺ ഒന്നായിട്ട് അങ്ങാട്ട് വിലക്കെടുത്താലോന്നാ അല്ല അതിപ്പം വിൽക്കുന്നൊന്നും ചോദിക്കേണ്ടതാ ആരോടാ ഇപ്പോഴും ഛർദ്ദിക്ക് വരണേ അത് നമ്മൾ കലക്ടറുകാരായിരിക്കും കുഴപ്പമില്ല നമുക്ക് ചോദിക്കാം ഒന്ന് എന്താ വേണ്ടി വെച്ചാ നമുക്ക് കൊടുക്കാം ആ ആയിക്കോട്ടെ കൊഴപ്പല്ല പിന്നെ മോറ്റിനെ കൊണ്ടുവന്ന പാള വെയിൽ പിടിക്കണ്ടല്ലോ പിടിക്കണ്ട അതിന്റെ ആവശ്യമില്ലാ കുഞ്ഞു തുറന്നു പറഞ്ഞു നമ്മളെ മോളെ കാര്യം ആയിക്കോട്ടെ അതിനപ്പൊ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിന്ന് പറഞ്ഞ കാര്യം ഏഹ് ഓര് ഗുരുവായിട്ടേ മൂന്ന് ഓ ഓ നിങ്ങളെ മോനുണ്ടല്ലോ മജീദ്നൊന്ന് ആലോചിച്ചാലോ ആ പറഞ്ഞത് വട്ടാന്ന് ആലോചിക്കിപ്പോ നന്നോട് നേരെ പറയാലോ നമ്മക്ക് അങ്ങനെ ചെയ്യൊരു കാര്യ മജീദിന് ഇപ്പം ദുബായിക്കാരനെന്ന നിലക്ക് എഴുപത്തയ്യായിരം സ്ത്രീധനം കൊടുക്കാൻ ആള് റെഡിമണിയായിട്ടുണ്ട് പാത്തുമ എന്താ അകത്ത് എന്ന് ടെലിവിഷൻ ഓഫ് ആക്കിട്ടില്ലേ ആ സിനിമ കളി കണ്ണ പെട്ടിന്റെ എന്താ പറഞ്ഞത് യ്യായിരം തരാൻ ആളുണ്ട് ഏകത്തയം തരാൻ ആളുണ്ട് അപ്പോ നമ്മള് പഴയ ചങ്ങായിമാറാണല്ലോ അപ്പൊ ഇനി അമ്പതിനായിരവും നൂറ് തെങ്ങും തന്നാൽ മതി അപ്പം ഒരു ഗ്ലാസ് വെള്ളം കാട്ട് എടുത്ത തണുപ്പിക്കുന്ന പെട്ടിന്ന് അടുത്ത് ഈ മറ്റേ ഉണ്ട് ആ ഈ ഭക്ഷണ സാധനം വെടക്കാണ്ട് എത്ര കാലും അതില് വെടാം ഏതിരി ഈ ഫ്രിഡ്ജില് ഫ്രിഡ്ജ് വലിയ തല മൂവായിരം തെറുത ആ കുഞ്ഞമ്മ എന്ത് പറയുന്നു ഞാനീ ഫ്രിഡ്ജിന്റെ ഉള്ളിലൊന്ന് കയ്യിട്ട് ഏതോ വയറമ്മലോ കമ്പിമ്മലോ വേരലൊന്നും കൂട്ടിന്ന് അപ്പോളല്ല റബ്ബേ അടിച്ചുട്ടത് കാരണ്ട് മേലാകത്ത ആ സാറല്ല സാറില്ല ഏ ഞാൻ അയിന്റെ അകത്ത് ഇനി കൈ ഇടണ്ട മജീദ് പെരണ്ട നമ്മക്ക് അയിന്റെ സ്കാനത്ത് ഒന്നും തിരികെല്ലാം എനിക്കിപ്പം വെറും വെള്ളം മതി ആ കുഴപ്പമില്ല ഒന്നും പറ്റിയില്ലല്ലോ ഹയർ ആ അപ്പോ നമ്മൾ പറഞ്ഞു നിർത്തിയത് അമ്പതിനായിരം ഉറുപ്പി നൂറ് തെങ്ങും ശ്രീധനവും വേണമെന്ന് ആ അതല്ല ഇത് തന്നെ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിപ്പോ ഈ മഴത്തൊന്നായിട്ട് പറയാനില്ല ആ അങ്ങനെയൊക്കെ എന്താ അങ്ങനെ ഉറപ്പിക്കാൻ ശോ എന്നാ ഞാൻ കീഴട്ടെ ആ നിൽക്ക് അല്ല നമുക്കൊരു ഫോട്ട് എടുത്താൽ ആ നല്ലൊരു കാര്യൊക്കെ ഉറപ്പിച്ചതല്ലേ പത്ത് മാ ആ പോട്ട് എടുക്കണ പെട്ടിങ്ങാട്ട് എടുക്കും അതാ ആ മേസപ്പുറത്തുണ്ട് ഇതാണ് അല്ല സാധനം ഇത് തന്നെ ഇത്ര ചെറിയ കേന്ദ്രം ആ ഇത് കാണുമ്പോലല്ല കുഞ്ഞമ്മതേ ഏ ഇതില് പല പല ഇക്കുമത്തുകളും ഉണ്ട് ഒരിത് ഞെക്കിയാല് തീ കത്തും ഏഹ് കേരളായിട്ട് എടുക്കാ കത്തിക്കും മറ്റേത് പോട്ട് എടുക്ക വേറൊന്നും ഞെക്കിയാ പാട്ട് കേൾക്കാം അപ്പോ ഒരു കാര്യം ചെയ്യി ആ പത്തുമക്കുമ്പം തെറിക്കണം അത്രല്ലേ അത് ലേശം മൂപ്പരെ മേലടിച്ചു കൊടുക്കു അതെന്തിനാണക്കാനാണല്ലേ ബുദ്ധി നല്ലൊരു കാര്യം ചെയ്യുമ്പോ അത് അങ്ങാട്ടി ചെയ്യാത്തു ആ സാധനം എടുക്കും കുഞ്ഞമ്മതെ നാലുമക്കെടുത്ത് കളിയാ നല്ല പൗർ കുത്തിഞ്ഞ് ഇങ്ങനെ മതിയോ തല ചെലമ്പൂടി ആ ഇപ്പഴാ ഇപ്പഴും അങ്ങനെ അങ്ങനെ കുന്തമ്മണിങ്ങല്ല കുഞ്ഞമ്മതെ ഇതാ ാട്ടടിച്ചു കൊടുക്കു പുകയാണിത് നീച്ചെന്ന് എരിചിട്ട് വെയ്യാ നിങ്ങള് മിർച്ചു നിർത്തി നിർത്തി എന്ത് പണ്ടാലാണോ മനുഷ്യന്റെ പേര് അടിച്ചത് പത്തുമടിയ മാതിരി കുപ്പി മാറി എന്നാ തോന്നുന്നു തോന്നുന്നു നെല്ലിലടിക്കണ കീടനാശിനിയ വച്ചാണോ അങ്ങനെ കൊറച്ച് തേനങ്ങാട്ട് പറ്റി തെരി പുക ചു നിക്കട്ടെ നമ്മക്ക് മോളെ വിളിച്ച് ചോദിക്ക സജന എന്താ ബാപ്പാ ഇന്റെ മോളിൽ എന്തോ എഴുത്തും കാര്യമൊക്കെ ഉണ്ടല്ലോ ഇത് എന്താ മോളെ ഈ സാധനം എന്തിനുള്ളതാ എന്നുവെച്ചാൽ ഈ ചില്ലിലും മറ്റുമുകളിലും അഴുക്ക് കളയാനുള്ളതാ അതാണോ ആ ആ മോള് പോയിക്കോ ഓൾ എപ്പോഴും ഈ ടെലിവിഷത്തിന്റെ ആ കുഞ്ഞമ്മ ചൂടാന്തിരി മാറിയില്ല ഇപ്പൊ ആശം മാറി നമ്മൾ എടുക്കാ എടുക്കാൻ പോന്നേ അല്ല ഇത് ഈ ഇത് ഞെക്കുന്നതിന്റെ മുമ്പ് എന്തോ ഒന്ന് പറയാനുണ്ടായിനല്ലോ മജി ഇന്നലെ പൂട്ടെടുക്കുമ്പോൾ പറഞ്ഞത് എന്തായനും അത് എന്തായാലും എന്തോ പറയാന മറന്നല്ലോ ആ അത് ഞമ്മക്ക് ഓർമ്മയില് അത് തന്നെ എന്നാ കുഞ്ഞമ്മതാ റെഡിയാണേതുക്കി വൺ ടുത്തൊഴിച്ചു തന്നെ ഒഴിച്ചു പത്തു മാടിക്കൂട് കുറച്ചേ കത്തികളുള്ളൂ മാറിപ്പോയി പോട്ടത്തിന്റെ പകരോ ഈ സെക്കലൈറ്റിൽ കത്തുന്ന കുന്തിരണ്ടാ ഞെക്കി പോയി നമുക്ക് ഒരു കാര്യം ചെയ്യാം നമ്മള് ഇനി ഇതൊന്നെടുത്ത് പെരുമാറി ഒരാൾ ആക്കുണ്ടാക്കണ്ട മകിയത് വരുന്നിട്ട എല്ലാ തങ്ങും തുടങ്ങി എണിക്കോ ഹലോ ആ ഞാനാ ഞാൻ തന്നെ രാജ ദുബായിന്നോ ദുബായി ഗർമേണ്ട ഓനെ വിളിക്കുന്ന ആയിരിക്കും നേരിട്ട് സജന എന്താ പാബാ എനിക്കിത് ശരിക്കാനായിട്ട് തിരിയുന്നില്ല ഈ ഇംഗ്ലീഷ് ഫോണിൽ ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് അത് ഇഞ് ഒന്ന് കൈകാര്യം ചെയ്തു ഹലോ സംസാരിച്ചോളൂ ആ ബാപ്പാ ദുബായി മാനേജർ വിളിക്കാണ് വേണ്ടി എന്താ വേണ്ടത് കരളല്ലേ പിന്നെ ലിവർ ലിവർ ദുബായിട്ട് അതെന്ത് ദുബായിട്ടാ ഏ മോട് പറ അങ്ങോട്ടയുക്കാളിക്ക ആൻ കാക്ക മജീദ് കാക്ക എന്നെ തെന്നിട്ടാണ് പോലീസ് വന്നിരിക്കുന്നത് എന്തോ എന്നോത്തി തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞു കാക്കീസ് നോക്കീന്ന് ഇണീക്കെന്ന് നേരം പഴുത്ത് നിങ്ങളോട് ഇത് എന്തൊറക്കാന്ന് പോലീസ് പത്മാ പോലീസ് നിങ്ങൾ എന്താന്ന് ഉറക്കത്തിങ്ങനെ വിളിച്ച് പറയുന്നത് ഏ അപ്പം ദുബായി മജീദ് ഇതൊക്കെ കനാബായിരുന്നു കനാബ് തന്നെ മാർക്കറ്റില് ലോറിയും മീനും വന്ന് നിങ്ങള് കൊട്ടേം സൈക്കിളെടുത്ത് ചെല്ലണെങ്കിൽ അതുമ ഒരു കണക്കിന് അത് കെനാവായത് നന്നായി നമ്മളെ മോനെ പോലീസ് വിളിച്ചില്ലാറ് ദുബായ് കാജക പുക രജന രചന സംവിധാനം ഖാൻകാവിൽ പങ്കെടുത്തവർ പുഷ്പ സൂസൻ ജോൺസ് മുരളി മനോഹർ പ്രസാദ് എൻ ശീതലവി അബ്ദുള്ള നെന്മുണ്ട ഖാൻ കാവിൽ എന്നിവർ